അനുസരിക്കാം എന്നവർ പറയുന്നു എന്നാൽ അവർ നിങ്ങളുടെ അടുക്കൽ നിന്നു പുറത്തുപോയാൽ അവരിലൊരു സംഘം നിങ്ങൾ പറഞ്ഞതല്ലാത്ത കാര്യങ്ങൾ രാത്രിയിൽ രഹസ്യമായി ആലോചിക്കുന്നു അവർ രാത്രിയിൽ ആലോചിക്കുന്നതെല്ലാം അള്ളാഹുസുബഹാനുഹൂവറ്റാല രേഖപ്പെടുത്തുന്നുണ്ട് അതിനാൽ നിങ്ങൾ അവരെ വിട്ടുകളയുകയും അള്ളാഹുസുബാനുഹുവറ്റാലായിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക കാര്യവിചാരകനായി അല്ലാഹു സുബഹാനുഹൂവറ്റ ആല മതിയായവനാണ്